ഭാഷയത്തിൽ കഥം പുനഃ പ്രത്യേകാത്മ അവിഷയേ അധ്യാസോ വിഷയ പ്രത്യേകാത്മാ അത് അവിഷയമാണ് എന്നുവെച്ചാൽ ജ്ഞാനത്തിന് വിഷയമല്ല ജ്ഞാനസ്വരൂപമായിരിക്കുന്നത് ജ്ഞാനത്തിന് വിഷയമാണ് ജ്ഞാനത്തിന് വിഷയം അല്ലെങ്കിൽ ആ വിഷയം വിഷയത്തെ ധർമാണം അധ്യാസ കഥ വിഷയങ്ങളുടെയും അതിന്റെ ധർമ്മങ്ങളുടെയും അധ്യാസം എങ്ങനെ സംഭവിക്കും പ്രത്യേകാത്മാവിഷയങ്ങളുടെ അത്യാസം ശരീരം ഇന്ദ്രിയം മനസ്സ് ഇതിന്റെ അധ്യാസം അങ്ങനെ സംഭവിക്കും എന്റെ ധർമ്മം സ്ഥൂലത്വം അന്ധത്വം പഠിത്വം ഇതിൻ്റെയൊക്കെ അധ്യാസം ഇങ്ങനെ സംഭവിക്കും അധ്യാസം സംഭവിക്കുന്നു എന്നുള്ളതാണ് അധ്യാസ ഭാഷയ്ക്ക് പറഞ്ഞത് സംഭവിക്കുന്നു എന്തുകൊണ്ട് പറയുന്നു എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അധ്യാസ് സംഭവിക്കുന്നു പറയും ഇതനുഭവം അഹം എന്ന് ശരീരത്തിൽ അഭിമാനമുണ്ട് ഈ അഭിമാനമാണ് അധ്യാസം റിയുന്നത് ശരീരത്തിലുള്ള അഭിമാനത്തോടുകൂടിയാണ് അറിയുന്നത് അത് പറയുന്നത് ഞാൻ അന്ധനാണ് ധർമ്മ അധ്യാസമാണ് അന്ധത്വം എന്ന് പറയുന്നത് കണ്ണിനാണ് ധർമ്മത്തെ അഭ്യസിക്കുന്നു പ്രത്യേകാത്മാവ് എന്നിട്ട് പറയുന്നത് ഞാൻ അന്ധനാണ് ശരീരം ധർമ്മിയാണ് ധർമ്മമുള്ളത് അതിനെ പ്രത്യേകാത്മാവെല്ലാം അധ്യസിക്കുന്നു എന്നിട്ട് ശരീരമാണ് തടിച്ചവനാണ് നെലിഞ്ഞവനാണ് ഇങ്ങനെ ശരീരം ഇന്ദ്രിയോ മനസ്സോ ബുദ്ധി എല്ലാത്തിനും അധ്യാസം വരും അധ്യാസമാണ് ഈ അനുഭവങ്ങൾ എല്ലാം അധ്യാസമാണെന്നാണ് അദ്വൈതിയുടെ അഭിപ്രായം ആത്മാവും അനാത്മാവും തമ്മിലുള്ള അധ്യാസം അപ്പം അവിടെ അങ്ങനെ അധ്യാസം പറഞ്ഞെന്ത് വേണം പ്രത്യേകാത്മാവ് വേണം അപ്പോ പ്രത്യേകാത്മാവും എങ്ങനെയുള്ള പ്രത്യേകാത്മാവും അതാണ് പറഞ്ഞത് ശരീരം ഇന്ദ്രിയം മനസ്സ് ഇതിൽ നിന്നെല്ലാം വേറിട്ട് തന്നെ അറിയുന്നു ശരീരം ഇന്ദ്രിയും മനസ്സതിൽ നിന്നെല്ലാം ഭിന്നമായി തന്നെ അറിയുന്നതിനാണ് പ്രത്യംഗം എന്ന് പറയുന്നത് അറിയുന്നവൻ പ്രത്യംഗം അത് നേരത്തെ വിശദീകരിച്ച് തന്നെ ഒരാള് ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ഇന്ദ്രിയത്തിൽ നിന്നും എല്ലാം വേർതിരിച്ചറിയുന്നുണ്ട് അങ്ങനെ അറിയുന്നവനാണ് പ്രത്യങ് അതാണ് ആത്മാവ് അങ്ങനെ അറിയുന്നവന് പ്രത്യങ്കന്ന് പറയും പ്രദീപം അഞ്ചതീതി പ്രത്യങ് വിപരീതമായി അറിയുന്നു അതുകൊണ്ട് പ്രത്യം എന്തിൽ നിന്നും വിപരീതമായി ശരീരേന്ദ്രിയ മനസ്സുകളെന്നറിയുന്നവനാണ് പ്രത്യം അവനാണ് ആത്മാവ് ശരീര ഇന്ദ്രിയാദികളൊക്കെ എങ്ങനെ അറിയുന്നു യുഷ്മത് ഇതെന്നറിയുന്നു അതിൽ നിന്ന് വിരുദ്ധമായിട്ടാണ് തന്നെ അറിയുന്നത് ആത്മാന്ന് പറഞ്ഞ സ്വരൂപം ഇതിൽ നിന്നെല്ലാം ഇത് അതിൽ നിന്നെല്ലാം ഭിന്നമായി വിപരീതമായി തന്നെ അറിയുന്നവൻ എന്ന് പറയുമ്പോൾ വിഷയങ്ങളെ അറിയുന്നവൻ ശരീരത്തെയും മറ്റും അറിയുന്ന തന്നെ ഇത് എന്നറിയാൻ പറ്റില്ല അതാണ് അഭിഷേകമെന്ന് ശരീരത്തിൽ മറ്റും അറിയാം ഇത് തന്നെ അങ്ങനെ അറിയാൻ പറ്റില്ല അറിയാൻ കഴിയത്തില്ല അതാണ് ചോദിക്കുന്നത് പ്രത്യേകാത്മനി അഭിഷയേ പ്രത്യേകാത്മാവ് ഇത് എന്നറിയുന്നൊന്നല്ല അതിന്റെ എങ്ങനെ വിഷയത്തെ ധർമാണോ ശരീരത്തിന്റെയും ശരീരധർമ്മങ്ങളുടെയും അഭ്യാസം എങ്ങനെ സംഭവിക്കും സംഭവിക്കാൻ പാടില്ലെന്നാണ് പൂർവപക്ഷമാണ് പ്രത്യേകാത്മാ എന്ന് പറയുന്ന ഒന്നിനെ അംഗീകരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും അങ്ങനെ ഒന്നും ഉണ്ട് പ്രത്യേകാത്മാത്യങ് അതാണ് ഇവിടെ വിശദീകരിച്ചത് എന്താണ് ശരീരത്തിൽ നിന്ന് ഭിന്നമായി തന്നെ അറിയുന്നവൻ അതാണ് പ്രത്യേക അതാണ് ആത്മാവ് പ്രത്യേക ആത്മാവ് ശരീരത്തിൽ നിന്ന് വേറിട്ട് തന്നെ അറിയുന്നവൻ പ്രത്യേക അത് തന്നെ അറിയാം അതിന്റെ പ്രത്യേകത അപരാധീന പ്രകാശത്വ സ്വയം പറഞ്ഞാൽ അത് സ്വയം അറിവായിട്ടിരിക്കുന്നു ചിത്രം പറയുന്നത് സ്വയം പ്രകാശം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അന്യാധീന പ്രകാശമാണ് മറ്റൊരു അറിവ് കൊണ്ടറിയുന്ന ഒന്നല്ല അതിനാണ് സ്വയം പ്രകാശം ഇവിടെ പറയുന്നത് ശരീരം എന്ന് പറയുന്നത് എന്താണ് അന്യാധീന പ്രകാശമാണ് ശരീരത്തിന്റെ അറിവ് നമുക്കുണ്ടാവുന്നത് ഉള്ളിലിട്ടിരിക്കുന്ന അറിവിന്റെ റിവിനെ കൊണ്ടാണ് ഉള്ളിലിരിക്കുന്ന അറിവാണ് ശരീരത്തിന് അറിയുന്നത് അപ്പം ശരീരത്തിന്റെ അറിവുണ്ടാവുന്നു അത് പരപ്രകാശ അധീനപ്രകാശമാണ് വേറൊരറിവുണ്ട് അതിനാണ് ആത്മാവെന്ന് പറയുന്നത് ആ അറിവിന് അധീനമാണ് ശരീരത്തിന്റെ അനുഭവം അതുകൊണ്ട് ശരീരം അപരാധീന പ്രകാശമുണ്ട് അപരാധീനപ്രകാശമാണ് ആത്മാവാണെങ്കിലോ അത് അറിവാണ് മറ്റൊരറിവ് കൊണ്ട് അറിയേണ്ടത് ഇതാണ് അപരാധീന പ്രകാശത്വ അനംശത്വ ഇതിന് ഭാഗങ്ങളില്ല ഒരു ഭാഗത്തെ അറിയുക വേറൊരു ഭാഗത്തെ അറിയാതിരിക്കുക ഇതൊക്കെ പൂർവക്ഷി പറയുന്നതാണ് അംശമില്ല അംശം ഉണ്ടെങ്കിൽ എന്തുവരും ഒരു ഭാഗം അറിയും മറ്റൊരു ഭാഗത്തേ അറിയാതിരിക്കും അങ്ങനെ സംഭവിക്കും ഭാഗങ്ങളുള്ള അങ്ങനെയാണ് ഇപ്പം എന്റെ മുമ്പേ ഇരിക്കുന്ന വസ്തു മേശം അംശമുള്ളതാണ് അതുകൊണ്ട് എനിക്കിതിൻ്റെ ഈ ഒരു ഭാഗം എനിക്കറിയാൻ പറ്റും ത്രീ ഡയമെൻഷനു ആണ് അപ്പോൾ ഈ ഒരു ഡയ്മെൻഷനെനിക്കറിയാൻ പറ്റും ഇതിന്റെ അപ്പർ സൈഡിൽ എനിക്ക് അറിയാൻ പറ്റും ഏത് സ്ത്രീം ഡൈമെൻഷനായിട്ട് എന്ത് നമ്മൾ അറിഞ്ഞാലും അതിൻ്റെ ഒരു ഭാഗം നമുക്കറിയാൻ പറ്റും കപ്പിനെ അറിയുന്നു ഈ സൈഡ് എനിക്കറിയാൻ പറ്റുമോ അപ്പുറം അറിയാൻ പറ്റില്ല അപ്പുറം ഞാൻ പോയി നോക്കിയാൽ ഈ സൈഡ് അറിയാൻ പറ്റി അതുകൊണ്ട് അംശങ്ങളുള്ള എല്ലാ വസ്തുക്കളെയും പൂർണമായും നമുക്ക് മനുഷ്യനെ അറിയാൻ പറ്റില്ല അംശങ്ങൾ അവയവങ്ങളുള്ളതാണ് അങ്ങനെയുള്ളൊരു വസ്തു ആയതുകൊണ്ട് അംശമില്ലാത്തതുകൊണ്ട് ആത്മാവ് ഒരിക്കലും അറിവിന് വിഷയമാകുന്നില്ല അറിവിന് വിഷയമായെങ്കിലും അധ്യാസം ഉണ്ടാകത്തില്ല എന്തുകൊണ്ട് ഇപ്പോ എവിടെയാണോ അധ്യാസം നടക്കുന്നത് അവിടെ ഏതിനാണോ അധ്യാസം നടക്കുന്നത് അതിന്റെ ഞാനുണ്ടാവണം എന്തിനാണോ അധ്യാസിക്കുന്നത് അതിന്റെ ഞാനുണ്ടാവണം ഇതം രജതം അതൊരു ഉദാഹരണമാണ് അവിടെ ഹിതം എന്നറിയുന്നു അധിഷ്ഠാനത്ത് മത്തിച്ചുപി രജതം എന്നറിയുന്നു അവിടെ ആരോപിച്ച വസ്തു അപ്പോ അധ്യാസം നടക്കുന്നിടത്ത് രണ്ടിന്റെ അറിവുണ്ടാവണം അധിഷ്ഠാനജ്ഞാനം ഉണ്ടാവണം ആരോഗ്യജ്ഞാനം ഉണ്ടാവണം അധിഷ്ഠാനം ഞാനും ഉണ്ടായാലേ പറ്റൂ ഇവിടെ പറയുന്നു ഇവിടെ അധിഷ്ഠാനം പ്രത്യേക ആത്മാവാണ് അതിൽ ഇതിനെല്ലാം അധ്യസിച്ചിരിക്കുകയാണ് അത് ജ്ഞാനത്തിന് വിഷയമല്ലാത്തതുകൊണ്ട് എന്തുകൊണ്ട് സ്വയംപ്രകാശം അപ്പോൾ ഇതൊക്കെ ഇതിൽ അധ്യസിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ ജ്ഞാനും ഉണ്ടാവണം എങ്ങനെയാണ് സർപ്പബ്രഹ്മുണ്ടാകുമ്പോൾ രജ്ജി ഞാനും കൂടെ ഉണ്ടാവുന്നത് ഞാനവിടെ ഉണ്ടാവുന്നത് അയം സർപ്പക ഹിതം എന്ന് ഉണ്ടാവും ശുക്തികാരജതം അവിടെയും ഹിതം എന്ന് ശുക്തികറിയും എവിടെയൊക്കെ ഭ്രമം സംഭവിക്കുന്നു അവിടെ ഒരേ സമയം തന്നെ അധിഷ്ഠാനം ഞാനും ഉണ്ടാവണം ആരോപിതമായതിന്റെ ഞാനും ഉണ്ടാവണം എന്നാലേ ഭ്രമം നടക്കും പ്രത്യേകാത്മാവ് ജ്ഞാനത്തിന് വിഷയമല്ല അതിലാണെല്ലാം അധ്യസ്ഥിരിക്കുന്നതെന്ന് പറയുമ്പോൾ അത് അധിഷ്ഠാനമായി വിഷയമല്ലെങ്കിൽ അതിന്റെ ജ്ഞാനം എങ്ങനെയുണ്ടാവും ഉണ്ടാകത്തില്ല ഇപ്പം ഈ ഭ്രഹ്മുണ്ടാകുമ്പോൾ അധിഷ്ഠാനത്തിന്റെയും ആരോപത്തിന്റെയും ജ്ഞാനം ഉണ്ടാകണം എന്ന് പറയുന്ന നിയമം അതിവിടെ ശരിയാവില്ല പ്രത്യേകാത്മാവിൽ ശരീരത്തെ ആരോപിക്കുന്നത് അത് ാണ് പറയുന്നത് പ്രത്യേകാത്മാവിൻ വിഷയത്തെ ആരോപിക്കുന്നു എന്നുള്ളതിനാണ് അധ്യാസം എന്ന് പറയുന്നത് എവിടെ ആരോപിക്കുന്നു അതിനാണ് അധിഷ്ഠാനം എന്ന് പറയുന്നത് അത്തരം കാര്യങ്ങളൊന്നുമല്ല ഇവിടെ പറയുന്നു ഇത് പറയുന്നത് പൂർവ്വപക്ഷണോ പൂർവപക്ഷിക്ക് എന്തും പറയാമല്ലോ ഞാന് സിദ്ധാന്തത്തിൽ മറുപടി പറയും പൂർവക്ഷി പറയുന്ന സിദ്ധാന്തത്തെ വെച്ചുകൊണ്ടു നിങ്ങളുടെ ആത്മാവ് അഭിഷയമാണെങ്കിൽ അതിലെങ്ങനെ അധ്യാസം എന്താ സംഭവിച്ചാല് കാരണം അധ്യാസം സംഭവിക്കുമ്പോ ആരോപത്തിന്റെയും അധിഷ്ഠാനത്തിന്റെയും ഞാനുണ്ടാവണം അതിനാണ് എന്തുദാഹരണം പറഞ്ഞത് ഇവിടെ അധിഷ്ഠാനം ഞാനുണ്ടാകില്ല അത് അഭിഷയമാണ് പിന്നെങ്ങനെ അധ്യാസം തോന്നിക്കുന്നത് പൂർവക്ഷി ചോദിക്കാണ് അപ്പൊ ആ പറയുന്ന വിഷയത്തിൽ നിന്ന് കാര്യം മനസ്സിലാവും കാടുകേരി ചിന്തിച്ചിട്ട് കാര്യമില്ല പറയുന്ന വിഷയങ്ങളെ ഉൾക്കൊണ്ട് മുമ്പോട്ട് അങ്ങനെ അത് മനസ്സിലാവും ആണ് തസ്മിൻ അധ്യാസോ തസ്മിൻ എന്ന് എന്താണ് പ്രത്യേകാത്മാവിൻ വിഷയധർമാണം പീഠധർമ്മങ്ങളുടെയൊക്കെ അധ്യാസം എങ്ങനെ സംഭവിക്കും കഥം കഥം എന്ന് പറയുന്ന ശബ്ദം കിംസ്ഥാന്നുള്ള സൂത്രപ്രകാരമാണ് വരുന്നു കിം ശബ്ദത്തിൽ നിന്ന് ധമ്മു പ്രത്യം വന്നിട്ടാണ് കഥ എന്ന് കഥം ഏത് എന്നാണ് അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം അങ്ങനെയാണ് പ്രയോഗിക്കുന്നത് കഥംഭവതി ഏത് തരത്തിൽ ഭവിക്കുന്നു ാണ് ചോദിക്കുന്നു അത് കിം ശബ്ദത്തിൽ നിന്ന് ധമം വന്നു കഴിഞ്ഞു പക്ഷെ ഇവിടെ കിം ശബ്ദത്തിൽ നിന്ന് ധമ പ്രത്യമുണ്ട് കഥമെന്നോട് പക്ഷെ ആ പ്രത്യയത്തിന് വന്നെങ്കിലും ഇവിടെ അവിവക്ഷിതമാണ് അതിനെ പരിഗണിക്കുന്നില്ല ഇവിടെ കേവലം കിം ശബ്ദത്തെ എടുക്കുന്നുള്ളൂ പ്രകൃതിയെ കിമ്മെന്ന് പറയുന്നത് എന്താണ് ആക്ഷേപാർത്ഥത്തിൽ കിം കിമ്മിന് അങ്ങനെ ഒരാൾ ആക്ഷേപാർത്ഥമാണ് ഇതെ നിഷേധിക്കുക അപ്പോ കിമ്മിൽ നിന്ന് പ്രത്യേകം വന്ന് ആ അർത്ഥത്തെ തള്ളികളഞ്ഞിട്ട് കേവലം കിമ്മെന്ന് പറയുന്ന പ്രകൃതിയുടെ അർത്ഥത്തിൽ എടുക്കാം അങ്ങനെയാണ് ഇവിടെ ഭാഷകാരൻ ചോദിക്കുന്ന കഥം എന്നുവെച്ചാൽ കിമ്മന്നെടുത്താൽ മതി എന്നുവെച്ചാൽ അത് സംഭവിക്കില്ല നിഷേധിക്കണം ആരും പൂർവക്ഷം അധ്യാസം സംഭവിക്കത്തില്ല കഥ വന്ന ശബ്ദത്തിന് കിം ശബ്ദത്തിന്റെ അർത്ഥമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് അവിടെ പ്രത്യേകം പുതിയ അർത്ഥം വന്നുണ്ടോ പ്രകാരാർത്ഥം അതിന് ഒന്നും അപ്പൊ കഥോ എന്ന് പറയുന്ന ശബ്ദം പ്രകൃതി അർത്ഥത്തിൽ ഉപയോഗിക്കാം കിമ്മിന്റെ അർത്ഥത്തിൽ ഉപയോഗിക്കാം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കഥം കിം ആക്ഷേപേ കഥ എന്ന് വെച്ചാൽ കിമ്മന്നെടുത്താണ് ആക്ഷേപം എന്ന് വെച്ചാൽ നിക്ഷേപം എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെ സംഭവിക്കുന്നുണ്ടാസം സംഭവിക്കത്തില്ല എന്തുകൊണ്ട് ആത്മാവ് അറിവിനും വിഷയമല്ല എന്ന് പറഞ്ഞാൽ രജുവിന്റെ ജ്ഞാനമില്ലാതെ സർപ്പ അധ്യാസം സംഭവിക്കില്ല മുത്തിച്ചിപ്പിയുടെ ജ്ഞാനമില്ലാതെ രേതത്തിന്റെ അധ്യാസം സംഭവിക്കില്ല അധ്യാസത്തിന് അധിഷ്ഠാന ജ്ഞാനം കൂടിയേ തീരും ഇത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് അതാണ് ഇവിടെ പറയുന്നത് യം അധ്യാസക്ത ആക്ഷേപ ഈ അധ്യാസം നടക്കത്തില്ല സിദ്ധാന്തിയെ സംബന്ധിച്ച് എന്ത് വേണം അധ്യാസം ഉണ്ടായാലേ അഹമെന്നുള്ള അനുഭവം ഉണ്ടാവത്തോ പൊറോഷ എന്താ പറയുന്നത് അഹമെന്ന് പറയുന്ന അനുഭവമുണ്ട് പക്ഷെ ഇവിടെ അധ്യാസം എന്ന് പറയുന്ന അദ്വൈതിയുടെ സ്വന്തമാണ് അഹോന്ന് പറയുന്ന അനുഭവം എല്ലാവർക്കും ഉണ്ട് പിന്നെ അദ്വൈതികൾക്ക് മാത്രമാണ് അപ്പോൾ അഹം എന്നൊരു അനുഭവം ഉണ്ട് അതുകൊണ്ട് അധ്യാസം വേണം എന്ന് വാശി പറ്റില്ല എന്നാണ് അദ്വൈതിയോട് പറയുന്നത് അദ്വീതി വ്യാഖ്യാനിക്കുകയാണ് എന്താണ് അഹം എന്ന് പറയുന്നൊരു അനുഭവം ഉണ്ടാവണം ആത്മാവും അനാത്മാവും തമ്മിലുള്ള താതാത്മ്യം അത്യാസം എന്ന് വെച്ചാൽ താതാന്ന് അത് സംഭവിക്കുന്നു മുമ്പും ഈ അത്യാസത്തിന്റെ പൂർവോക്ഷം നമുക്ക് ചർച്ച ചെയ്തതാണ് അത് വേറെ രീതിയിൽ തന്നെയാണ് അയുക്തമായ മധ്യാസത്തി ആക്ഷേപ ശരിയാകും കസ്മാദയുക്ത എന്തുകൊണ്ട് അത്യാസം നടക്കില്ലെന്ന് പറയുന്നു കസ്മാദയുക്ത എന്തുകൊണ്ട് അയം അത്യാസ അയുക്ത നടക്കത്തില്ല എന്ന് പറയുന്നു പൂർവക്ഷണം വീണ്ടും പറയുന്നു അത് ഭാഷയത്തെ പറയുന്നു സർവോഹി പുരോ അവസ്ഥിതെ വിഷയേ വിഷയാന്തരം അന്ധ്യസ്ഥതി ഭാഷ്യത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നു ഏതത് ഇത്തംഭവതി ഇതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം ഈ പറഞ്ഞ ഇതാണ് എന്ത് അടുത്ത് വിശദീകരിക്കുന്നു പരാധീന ഇനി അധ്യാസ എങ്ങനെ സംഭവിക്കുന്നു പൂർവോക്ഷി പറയു ശുക്തികാരം അധ്യാസത്തെടുക്കുക അവിടെ അധ്യാസം എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇതം രജതം ഇതാണ് അവിടത്തെ അറിവ് അവിടെ ഹിതം രജതം എന്ന് പറയുന്നിടത്ത് രജതഭ്രാന്തിയാണ് വെള്ളിയുടെ അറിവുണ്ട് വെള്ളിയെ അറിയുമ്പം തന്നെ അവിടെ ഇതം എന്നുകൂടെ പറയുന്നുണ്ട് ഇതം എന്ന് പറയുന്ന എന്തിനെ അവിടെ കിടക്കുന്ന മുത്തിച്ചിപ്പിയാണ് ശുദ്ധിയെന്താ ഇതം എന്ന് പറയുന്ന അധിഷ്ഠാനത്തിന്റെ ജ്ഞാനമാണ് അധിഷ്ഠാന ജ്ഞാനവും ഉണ്ട് വെള്ളിയുടെ ജ്ഞാനവും ഉണ്ട് രണ്ടുമുണ്ട് പൊതുവെ പറയാണ് ഒരു ചോദ്യം വരും അധിഷ്ഠാന ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ ഭ്രാന്തി മാറണ്ടേ മുത്തിച്ച് പ്യാണെന്നറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ വെള്ളി എന്നുള്ള ജ്ഞാനമില്ലല്ലോ പിന്നെ അധിഷ്ഠാന ഞാനുമുണ്ട് അതായത് ചിപ്പിയുടെ ഞാനുമുണ്ട് വെള്ളിയുടെ ജ്ഞാനമുണ്ടെന്ന് അതിങ്ങനെ പറയാൻ പറ്റും അതിനാണ് പറയുന്നത് ഇങ്ങനെ ബ്രഹ്മസ്ഥലത്ത് എല്ലായിടത്തും അധിഷ്ഠാനത്തിന്റെ വിശേഷജ്ഞാനമില്ല സാമാന്യജ്ഞാനമുണ്ട് എവിടെയാലും ശരി ഇവിടെ ഇതം രേതമെന്നുള്ള ഞാനാണുള്ളത് അധിഷ്ഠാനമായി ചിപ്പി അതിന്റെ വിശേഷമെന്ന് പറയുന്നത് അതിന്റെ തിളക്കമാണ് ചാക്കചിക്കം എന്ന് പറയുന്നത് തിളക്കമാണ് അതിന്റെ വിശേഷമായ അത് വിശേഷ തിളങ്ങൾ അതാണ് സാമാന്യമായിട്ട് എന്താണ് അവിടെ ഉള്ളത് ഇത് എന്നുള്ള ചെപ്പിയുടെ ചെപ്പിയിൽ രണ്ടംശുണ്ട് ഒരു സാമാന്യ അംശവും ഒരു വിശേഷ അംശവും സാമാന്യമായ അംശത്തെയാണ് നമ്മൾ ഇത് എന്ന് പറയുന്നത് വിശേഷമായ അംശ ആ തിളക്കം ചിപ്പിയുടേതായ തിളക്കം ഭ്രമം ഉണ്ടാകുന്ന സമയത്ത് അധിഷ്ഠാനമായ ചിപ്പിയുടെ സാമാന്യമായ ഞാനുണ്ടെന്ന് വെച്ചാൽ ഇതെന്നുള്ള ഞാനുണ്ട് ചിപ്പിയുടേതായ ആ തിളക്കം വിശേഷം ആ ഞാനും മറിച്ചവിടെ എന്ത് എന്ത് ഞാനുണ്ടാകുന്നു വെള്ളി എന്നുള്ള ഞാൻ ഉണ്ടാകുന്നു അപ്പോൾ ബ്രഹ്മസ്ഥലത്ത് അധിഷ്ഠാനത്തിന്റെ സാമാന്യം ഞാൻ ഉണ്ടാവും വിശേഷം ഞാനും അപ്പോൾ അധിഷ്ഠാനം ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അധിഷ്ഠാനം ഞാനുണ്ടെന്നില്ല പൂർണ്ണമായ അധിഷ്ഠാനം ഞാൻ വന്നാൽ അതിന് ഇത് ചിപ്പിയാണെന്നറി പിന്നെ അവിടെ രഹിതം ഞാനുണ്ട് അതുകൊണ്ടാണ് അധിഷ്ഠാന ജ്ഞാനം കൊണ്ട് ആരോഗ്യം നിവർത്തിക്കുന്നു എന്ന് പറയുന്നു ആരോഗ്യം എന്ന് പറയുന്നത് എന്താണ് വെള്ളിയാണ് ആരോഗ്യം പൂർണ്ണമായ അധിഷ്ഠാന ജ്ഞാനം വന്നു കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യഞാനുണ്ട് പിന്നെ വെള്ളി കാണത്തില്ല ചിപ്പിയെ കാണും അവിടെ കിടക്കുന്നതിനെ കുറിച്ചുള്ള ഇതെന്നുള്ള അറിവുണ്ടാകുകയും അത് ചിപ്പിയാണെന്നുള്ള വിശേഷം ഞാൻ ഉണ്ടാകാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞ ചിപ്പി എന്നുള്ളതാണ് വിശേഷം ഞാൻ ആ തിളക്കത്തോടുകൂടിയ ചിപ്പി വെറും തിളക്കം എന്ന് പറഞ്ഞ പോലെ തിളക്കത്തോടുകൂടിയ ചിപ്പി വെറും തിളക്കം എന്ന് പറയുന്നത് രഹിതത്തിലുമുണ്ട് അതും തിളങ്ങുന്നുണ്ട് അതും പോരാ ആ രഹിതത്തോടുകൂടിയ ചിപ്പി എന്ന് പറയും പറയും കാരണം രഹിതവും തിളങ്ങുന്നുണ്ട് ഇപ്പൊ ഇത് എന്ന് സാമാന്യമായി അറിയുകയും ആ തിളക്കമുള്ള ചിപ്പി അതിനറിയാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അവിടെ രഹിതം എന്ന് അറിയുന്നത് ബ്രഹ്മസ്ഥലത്തെല്ലാം ബ്രഹ്മം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോ അധിഷ്ഠാനത്തിന്റെ വിശേഷജ്ഞാനം എല്ലാ സാമാന്യജ്ഞാനം ഉണ്ട് ബ്രഹ്മപുരം ജ്ജു സർപ്പത്തിനും അത് തന്നെയാണ് വിശേഷമായിട്ട് ഇത് സർപ്പം എന്നുള്ള ഞാനും ഇല്ല പക്ഷെ ഇതെന്നുള്ള ജ്ഞാനമുണ്ട് പിന്നെ അതിന്റെ വളഞ്ഞു പൊളഞ്ഞുകിടക്കുന്നൊക്കെ അതിന്റെ ജ്ഞാനം സർപ്പത്തിനും കാണുന്നുണ്ട് ബ്രഹ്മത്തിന് അപ്പൊ വളഞ്ഞുപൊളഞ്ഞ സർപ്പം എന്നൊരു ഞാനില്ല വളഞ്ഞു കുളഞ്ഞ കയർ എന്നുള്ള ഞാനുണ്ട് വളഞ്ഞു പുളഞ്ഞ കയർ എന്നുള്ള ആ വിശേഷം ഞാനും ഇല്ല ഇതെന്നുള്ള സാമാന്യം ഞാനുണ്ട് അപ്പോ സർപ്പഭ്രാന്തി ഉണ്ടാവും വളഞ്ഞു പൊളഞ്ഞ കയറെന്ന് പറയുന്നതാണ് എന്ത് വിശേഷം അതില്ല ഇതെന്ന് പറയുന്ന സാമാന്യം ഞാനും ഉണ്ട് പക്ഷെ സർപ്പത്തെങ്ങനാ അറിയുന്നു വളഞ്ഞു പൊളഞ്ഞു സർപ്പം എന്ന് അറിയുന്നു എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് എന്തുകൊണ്ടാണ് ഭ്രമം സംഭവിക്കുന്നത് അങ്ങനെ പറയുന്നു കാരണദോഷങ്ങൾ ഇപ്പൊ രജ്ജുവിൽ സർപ്പഭ്രമുണ്ടാകുന്നു എന്തൊക്കെയാണ് കാരണദോഷം ഇരട്ട ഉണ്ടാകാം മങ്ങിയ വെളിച്ചം ഉണ്ടാകാം ഉള്ളില് സർപ്പഭ്രമുണ്ടാകാം കണ്ണിന് കാഴ്ചക്കുറവുണ്ടാകാം ഇതൊക്കെ കാരണദോഷങ്ങളാണ് ചിപ്പിയിൽ വെള്ളീടെ ഞാനുണ്ടാകുമ്പോൾ അവിടെ റിഫ്ലക്ഷൻ ആ തിളക്കം തിളക്കം മാത്രമേ അറിയുന്നുള്ളൂ തിളക്കമുള്ള ചിപ്പി അറിയുന്നില്ല അപ്പം തിളക്കം അതൊരു കാരണദോഷമാണ് ഉള്ളിലുള്ള ആഗ്രഹം രചതം വേണമെന്നുള്ള ആഗ്രഹം അതൊരു കാരണമാകാം വെളിച്ചത്തിന്റെ കൂടുതലുള്ളത് കൊണ്ട് ആകാം കണ്ണിന് ചെറിയ കാഴ്ചക്കുറവുള്ള ഉണ്ടാകാം പല അതാണ് യരാധീന പ്രകാശം അംശവച്ച പിന്നെ സർപ്പമായാലും സർപ്പജ്ഞാനം ഉള്ളിടത്തായാലും വെള്ളിയുടെ ഞാനുണ്ടായെന്നിടത്തായാലും ശരി അവിടെ ചിത്തി ആയാലും ശരി കയറായാലും ശരി അതെന്താണ് അറിവിനു വിഷയമായ കാര്യമാണ് സ്വയംപ്രകാശമുണ്ട് രണ്ടും കയറ് സ്വയംപ്രകാശമല്ല ചിത്തിയും സ്വയംപ്രകാശം അത് അറിവിന്റെ വിഷയമാണ് അവിടെ ഒരു ഭ്രമം പിന്നെ അതിന് സാമാന്യ വിശേഷ അംശവും സാമാന്യം ഇത് വിശേഷം എന്ന് പറയുന്നത് തിളങ്ങുന്ന ചിപ്പി അല്ലെങ്കിൽ വളഞ്ഞ കയറും ആ വിശേഷം ഞാനുണ്ട് അതാണ് പരാധീനപ്രകാശം ആണ് കയറും ചിപ്പിയും അംശവച്ച ഭാഗങ്ങളുള്ളതാണ് കയറി ചിപ്പിയും അത്യ അംശഗ്രഹി അതിന്റെ സാമാന്യ അംശം ഗ്രഹിക്കും ഇതെന്നുള്ളത് ഗ്രഹിക്കും കരണദോഷവശ കാരണദോഷവശ കാരണദോഷമുണ്ട് പലതരത്തിലുള്ള ദോഷങ്ങളവിടെയുണ്ട് വെളിച്ചക്കുറവ് പോലെയുണ്ട് വിശേഷഗ്രഹെ തിളങ്ങുന്ന ചിപ്പിയാണ് വളഞ്ഞ കയറാണ് എന്നുള്ള വിശേഷ വിശേഷ അഗ്രഹേ വിശേഷജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് അന്യഥാപ്രകാശത്തെ അന്യരൂപത്തിൽ കയറ് സർപ്പമായിട്ടും ചിപ്പി വെള്ളിയായിട്ടും പ്രകാശിക്കുന്നു ഇതാണ് ബ്രഹ്മം ബ്രഹ്മത്തെ വളരെ കൃത്യമായി പൂർവക്ഷി വിശദീകരിച്ചിരിക്കുന്നു ഭ്രമത്തിൽ വരേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു എങ്ങനെ സംഭവിക്കുന്നതെന്നും പറഞ്ഞു ഇങ്ങനെയാണ് ഭ്രമമെങ്കിൽ പ്രത്യേകാത്മാവിൽ ശരീരധർമ്മത്തിന്റെ ഭ്രമം ഉണ്ടാകുമോ ഉണ്ടാകത്തില്ലെന്നാണ് പൂർവക്ഷം പറയുന്നത് ഭ്രമം ഇങ്ങനെയാണ് സംഭവിക്കുന്നതെന്നാണ് അപ്പൊ ഇവിടെ പൂർവക്ഷം പറയുന്നത് സംഭവിക്കത്തില്ല ഇനി ഇതിനെ ഖണ്ഡിച്ചിട്ട് സിദ്ധാന്തിന്റെയും അതിന് പ്രധാനമായി പറയുന്നത് അധ്യാസം സംഭവിക്കണമെങ്കിൽ എന്റെ അധിഷ്ഠാനം വിഷയമാകണം പ്രത്യേകാത്മാവ് ജ്ഞാനത്തിനും വിഷയമല്ല സ്വയം പ്രകാശമാണ് അതുകൊണ്ട് അതിന് അധ്യാസ് സംഭവിക്കില്ല പിന്നെ അധ്യാസം അധിഷ്ഠാനത്തിന്റെ സാമാന്യജ്ഞാനം വേണം വിശേഷജ്ഞാനം പാടില്ല അധ്യാസം സംഭവിക്കണമെങ്കിൽ കാരണദോഷങ്ങൾ വേണം ഇതൊന്നും ഇല്ല അതുകൊണ്ട് ആത്മാവിൻ ശരീരാദി പ്രപഞ്ചത്തിന്റെ അധ്യാസം സംഭവിക്കില്ല കൂടുതലായുള്ളൂ സിദ്ധാന്തമായ